ധ്യായം ഏഴ് എന്നാൽ മതിൽ പണുതു തീർത്ത് കഥകുകൾ വയ്ക്കുകയും വാതിൽക്കാവൽക്കാരെയും സംഗീതക്കാരെയും ലേവ്യരെയും നിയമിക്കുകയും ചെയ്ത ശേഷം ഞാൻ എന്റെ സഹോദരനായ ഹനാനിയെയും കോട്ടയുടെ അധിപനായ ഹനന്യാവേയും എരുശലേമിന് അധിപതികളായി നിയമിച്ചു ഇവൻ പലരെക്കാളും വിശ്വസ്തനും ദൈവഭക്തനും ആയിരുന്നു ഞാൻ അവരോട് വെയിൽ ഉറയ്ക്കുന്നതുവരെ യെരുശലേമിന്റെ വാതിൽ തുറക്കരുത് നിങ്ങൾ അരികെ നിൽക്കുമ്പോൾ തന്നെ കഥകടച്ച് അന്താഴം ഇടിവിക്കണം യെരുശലേം നിവാസികളിൽ നിന്ന് കാവൽക്കാരെ നിയമിച്ച് ഓരോരുത്തനെ താന്താന്റെ കാവൽ സ്ഥലത്തും താന്താന്റെ വീട്ടിനു നേരെയുമായി നിർത്തിക്കൊള്ളണം എന്നു പറഞ്ഞു എന്നാൽ പട്ടണം വിശാലമായതും വലിയതും അകത്ത് ജനം കുറവും ആയിരുന്നു വീടുകൾ പണിതിരുന്നതുമില്ല വംശാവലി പ്രകാരം എണ്ണം നോക്കേണ്ടതിന് പ്രഭുക്കന്മാരെയും പ്രമാണികളെയും ജനത്തെയും കൂട്ടിവരുത്തുവാൻ എന്റെ ദൈവം എന്റെ മനസ്സിൽ തോന്നിച്ചു എന്നാറേ ആദ്യം മടങ്ങിവന്നവരുടെ ഒരു വംശാവലി രേഖ എനിക്ക് കണ്ടുകിട്ടി അതിൽ എഴുതിക്കണ്ടത് എന്തെന്നാൽ ബാബൽ രാജാവായ നെബൂഗതനെ സെർപ്പിടിച്ചുകൊണ്ടുപോയ ബദ്ധന്മാരുടെ പ്രവാസത്തിൽ നിന്ന് പുറപ്പെട്ട് യരുഷലമിലേക്കും യഹൂദയിലേക്കും താൻ താന്റെ പട്ടണത്തിലേക്ക് മടങ്ങി വന്നവരായ ദേശനിവാസികൾ ഇവർ സെരുബാബേൽ യേശുവ നെഹമ്യാവ് അസരിയാവ് രയമ്യാവ് നഹമാനി മൊർതെഖായ് ബിൽഷാൻ മിസ്പെരത് ബിഗ്വായ് നെഹൂം ബയന എന്നിവരോടുകൂടെ മടങ്ങിവന്നു ഇസ്രയേൽ ജനത്തിലെ പുരുഷന്മാരുടെ സംഖ്യയാവിത് പരൂസിന്റെ മക്കൾ രണ്ടായിരത്തി എഴുപത്തിരണ്ട് മക്കൾ മുന്നൂറ്റി ആരഹിന്റെ മക്കൾ അറുനൂറ്റി യേശുവയുടെയും യോവാബിന്റെയും മക്കളിൽ പഹദ് മോവാബിന്റെ മക്കൾ രണ്ടായിരത്തി എണ്ണൂറ്റി മക്കൾ ആയിരത്തി ഇരുനൂറ്റി മക്കൾ എണ്ണൂറ്റി നാൽപ്പത്തി മക്കൾ എഴുന്നൂറ്റി ബിന്നൂവിയുടെ മക്കൾ അറുനൂറ്റി നാൽപ്പത്തി മക്കൾ മക്കൾ രണ്ടായിരത്തിരണ്ട് അധോനികാമിന്റെ മക്കൾ ബിഗ്വായുടെ മക്കൾ രണ്ടായിരത്തി അറുപത്തിയേഴ് ആദിന്റെ മക്കൾ അറുനൂറ്റി അൻപത്തി അഞ്ച് സന്തതിയായി ആതേറിന്റെ മക്കൾ തൊണ്ണൂറ്റി ഹാഷൂമിന്റെ മക്കൾ യുടെ മക്കൾ ഹാരിഫിന്റെ മക്കൾ പന്ത്രണ്ട് ഗിബയോന്യർ തൊണ്ണൂറ്റി അഞ്ച് ബെത്തലഹേമരും നെത്തോഫാന്യരും കൂടെ അനാഥോത്യർട്ട് ബേത്ത് അസ്മാവേത്യർപ്പത്തിരണ്ട് കിരിയത്ത് എയാരി കെഫീര ബയേരോത് എന്നിവയിലെ നിവാസികൾ എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് രാമക്കാരും ഗേബക്കാരും അറുനൂറ്റി ഒന്ന് മിക്മാസ് നിവാസികൾ ബെത്തൽക്കാരും ഹായിക്കാരും മറ്റേ നെബോവിലെ നിവാസികൾ അൻപത്തിരണ്ട് മറ്റേ ഏലാമിലെ നിവാസികൾ ീമന്റെ മക്കൾഹോ നിവാസികൾ ലോതിലെയും ഹാദീദിലെയും ഓനോവിലെയും നിവാസികൾ എഴുന്നൂറ്റി ഒന്ന് സേനായ നിവാസികൾ മൂവായിരത്തി പുരോഹിതന്മാർ യേശുവയുടെ ഗ്രഹത്തിലെ യഥായാവിന്റെ മക്കൾ ഇമേരിന്റെ മക്കൾ പശൂരിന്റെ മക്കൾ ആയിരത്തിയേഴ് ഹാരിമിന്റെ മക്കൾ ആയിരത്തി പതിനേഴ് ലേവ്യർ ഹോദേവയുടെ മക്കളിൽ കദ്മിയേലിന്റെ മകനായ യേശുവയുടെ മക്കൾ എഴുപത്തിനാല് സംഗീതക്കാർ ആസാഫ്യർട്ട് വാതിൽക്കാവൽക്കാർ ഷല്ലൂമിന്റെ മക്കൾ ആതേരിന്റെ മക്കൾ തൽമോന്റെ മക്കൾ അക്കൂബിന്റെ മക്കൾ ഹദീതയുടെ മക്കൾ ശോഭായിയുടെ മക്കൾ ആകെട്ട് ദൈവാലയദാസന്മാർ സീഹയുടെ മക്കൾ ഹസൂഫയുടെ മക്കൾ തബ്ബായൂത്തിന്റെ മക്കൾ കെയറോസിന്റെ മക്കൾ സീയായുടെ മക്കൾ പാദോന്റെ മക്കൾ ലബാനയുടെ മക്കൾ ഹഗാബയുടെ മക്കൾ സൽമായിയുടെ മക്കൾ ഹാനാന്റെ മക്കൾ ഗിദ്ദേ മക്കൾ ഗാഹറിന്റെ മക്കൾ രയായോവിന്റെ മക്കൾ രസീന്റെ മക്കൾ നക്കോദയുടെ മക്കൾ ഗസാമിന്റെ മക്കൾ ഉസയുടെ മക്കൾ പാസേഫയുടെ മക്കൾ ബേസായിയുടെ മക്കൾ മെയൂന്യരുടെ മക്കൾ നഫീത്യരുടെ മക്കൾ ബഖ്ബൂക്കിന്റെ മക്കൾ ഹക്കൂഫയുടെ മക്കൾ ഹർഹൂരിന്റെ മക്കൾ ബസ്ലീത്തിന്റെ മക്കൾ മെഹീദയുടെ മക്കൾ ഹർഷയുടെ മക്കൾ ബർക്കോസിന്റെ മക്കൾ സീസരയുടെ മക്കൾ പേമഹിന്റെ മക്കൾ നസീഹയുടെ മക്കൾ ഹദീഫയുടെ മക്കൾ ഷലോമോന്റെ ദാസന്മാരുടെ മക്കൾ സോതായിയുടെ മക്കൾ സോഫേരത്തിന്റെ മക്കൾ പെരീതയുടെ മക്കൾ യാലയുടെ മക്കൾ ദർക്കോന്റെ മക്കൾ ഗിദ്ദിന്റെ മക്കൾ ഷഫത്യാവിന്റെ മക്കൾ ഹത്തീലിന്റെ മക്കൾ പോഖേരത് സെബായിമിന്റെ മക്കൾ ആമോന്റെ മക്കൾ ദൈവാലയദാസന്മാരും ശലോമോന്റെ ദാസന്മാരുടെ മക്കളും ആകെ തേൽമേല തേൽഹർഷ കെരൂ അദ്ദോൻ ഇമ്മർ എന്നീ സ്ഥലങ്ങളിൽ നിന്ന് മടങ്ങി വന്നവർ ഇവർ തന്നെ എങ്കിലും അവർ ഇസ്രയേലിയർ തന്നെയോ എന്ന് തങ്ങളുടെ പ്രതിർഭവനവും വംശോൽപത്തിയും കാണിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല ഡലായാവിന്റെ മക്കൾ തോബിയാവിന്റെ മക്കൾ നെക്കോദയുടെ മക്കൾ ആകെ അറുനൂറ്റി നാൽപ്പത്തിരണ്ടുപേർ പുരോഹിതന്മാരിൽ ഹോബയുടെ മക്കൾ ഹക്കോസിന്റെ മക്കൾ ഗലയാദ്യനായ ബർസില്ലായിയുടെ പുത്രിമാരിൽ ഒരുത്തിയ വിവാഹം കഴിച്ച് അവരുടെ പേരിൻ പ്രകാരം വിളിക്കപ്പെട്ട ബർസില്ലായിയുടെ മക്കൾ ഇവർ വംശാവലിരേഖ അന്വേഷിച്ചു കണ്ടില്ലാത്താനും അതുകൊണ്ട് അവരെ അശുധരൻ എണ്ണി പൌരോഹിത്യത്തിൽ നിന്ന് നീക്കിക്കളഞ്ഞു ഊരീമും തുമ്മീമും ഉള്ളൊരു പുരോഹിതൻ എഴുന്നേൽക്കം വരെ അവർ അതിപരിശുദ്ധമായത് പിന്നരുതെന്ന് ദേശാധിപതി അവരോട് കൽപ്പിച്ചു സഭയാകെ നാൽപ്പത്തി പേരായിരുന്നു അവരുടെ ദാസീദാസന്മാരായി ഏഴായിരത്തി മുന്നൂറ്റി പേരെ കൂടാതെ തന്നെ അവർക്ക് സംഗീതക്കാരും സംഗീതകാരികളും ഉണ്ടായിരുന്നു എഴുന്നൂറ്റി മുപ്പത്തി ആറ് കുതിരയും കോവർ കഴുതയും ഒട്ടകവും ആറായിരത്തി എഴുന്നൂറ്റി കഴുതയും അവർക്കുണ്ടായിരുന്നു പ്രതിർഭവന തലവന്മാരിൽ ചിലർ വേലയ്ക്കായിട്ട് ദാനങ്ങൾ കൊടുത്തു ദേശാധിപതി ആയിരം തങ്കക്കാശും അമ്പത് കിണ്ണങ്ങളും പുരോഹിത വസ്ത്രവും പിതൃഭവന തലവന്മാരിൽ ചിലർ പണിവക ഭാരത്തിലേക്ക് തങ്കക്കാശും രണ്ടായിരത്തി ഇരുന്നൂറ് മാനെ വെള്ളിയും കൊടുത്തു ശേഷമുള്ള ജനം ഇരുപതിനായിരം തങ്കക്കാശും രണ്ടായിരം മാനെ വെള്ളിയും പുരോഹിത വസ്ത്രവും കൊടുത്തു അങ്ങനെ പുരോഹിതന്മാരും ലേവിലും വാതിൽക്കാവൽക്കാരും സംഗീതക്കാരും ജനത്തിൽ ചിലരും ദൈവാലയദാസന്മാരും എല്ലാ ഇസ്രയേലും താൻ താങ്കളുടെ പട്ടണങ്ങളിൽ പാർത്തു